മൂസ അലി ഹിസ്സലാമിന് നാം ഒൻപത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് അതിനാൽ ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക അവർക്ക് അത് വന്നപ്പോൾ ഫിർ അദ്ദേഹത്തോട് പറഞ്ഞു മൂസ അലിഹിസ്സലാം താങ്കൾ മന്ത്രവിദ്യയാൽ വശീകരിക്കപ്പെട്ടവനാണെന്ന് ഞാൻ കരുതുന്നു